ഹം തദ്ധ്യ സിദ്ധാർത്ഥകോവിത എന്തെങ്കിലും നിർണീയ തൃതി കാര്യം അഖണ്ഡിതം സിദ്ധാർത്ഥകോവിത സംബോധനയാണ് ശബ്ദാർത്ഥത്തിൽ സമർത്ഥനായ ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് മടുക്കുള്ളവർ സാരഗ്രാഗി സാരത്തെ ഗ്രഹിക്കുന്നതിന് ഗ്രഹിക്കുന്നത് ശീലമായിട്ട് ശബ്ദം നമ്മുടെ ചവിയിലൂടെയെങ്കിലും ഒഴി അപ്രത്യക്ഷമായാൽ പോരണം അതിലൂടെ അതിന്റെ അർത്ഥം അത് ഗ്രഹിക്കാവുന്ന അപ്പോ അതിന് പ്രാധാന്യം വന്നു ഇനി പറയുന്നു അതുകൊണ്ട് അങ്ങനെ സംബോധന ചെയ്യാത്തവരാണ് ഇനി പറയുന്നത് ഗ്രഹിക്കുന്നതിന് വളരെ സാമർഥ്യമുള്ളവനാണ് അതുകൊണ്ട് യഥം വച്ചി അഹം ഇത് വച്ചിട്ട് ഞാൻ എന്തൊക്കെയാണോ ഇവിടെ ഇനി പറയാൻ പോകുന്നത് യത്ന ഏതത് വസ്തു വിധി നിർണയി പ്രകൃതി അഖണ്ഡിതം കഴിഞ്ഞത് ഏതൊരു വിഷയത്തെക്കുറിച്ചാലും ഈ പറയുന്നത് യഥാർത്ഥമാണ് ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ യത്ന അത് മനസ്സിലാക്കുന്നതിന് പരിശ്രമാവശ്യമാണ് പരിശ്രമം എന്ന് പറയുമ്പോൾ അതിന്റെ അഭ്യാസം ആവർത്തിക്കുക ഏതൊരാറിവ് നേടുന്ന അതിനാവർത്തിക്കുക ചിന്തിക്കുക മനനം ചെയ്യുക അതിന്റെ പൊരുൾ എന്താണെന്ന് കണ്ടെത്തുക അതൊക്കെയാണ് അതിന്റെ യജ്ഞം അതെല്ലാം ഏതൊരു വസ്തു ഇതെന്താ ഇതാണ് ഇതിന്റെ തത്വം ഞാൻ പറയുന്നതിന്റെ സാരം ഇവിടെയൊക്കെ പറയുന്നത് ആത്മതത്വത്തെ കുറിച്ചാണ് കേവലം ആത്മതത്വമല്ല ഇവിടെ പറയുന്ന വളരെ വിപുലമായ ഒരു ആത്മീയ വിജ്ഞാനം അതിന്റെ പല ഭാവങ്ങളെ കുറിച്ചും പല ശാഖകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നു കേവലൊരു തത്വത്തിന്റെ ആവർത്തനവും അനാവശ്യങ്ങളെ കുറിച്ച് അർച്ച വിപുലമായ വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് അത് കേന്ദ്രീകരിക്കുന്നത് ആത്മാവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെയുണ്ട് നാനാശാഖങ്ങളോടുകൂടിയാണ് അങ്ങനെ ഉള്ള അറിവിനെ ഇതാണ് എൻ്റെ തത്വം ഏതൊരു വസ്തുസ്ഥിതി ഇതാണ് എൻ്റെ തത്വം എന്ന് നിർണയിൽ നിശ്ചയിച്ചിട്ട് തത്വനിർണ്ണയം ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു അത് പറയുന്ന ആണിൻ്റെ വിവക്ഷം അതെന്താണെന്ന് കേൾക്കുന്നതാണ് സ്വന്തം മനസ്സിൽ ഉറപ്പിക്കണം നിശ്ചയിക്കണം ഉറപ്പിക്കുക എന്ന് വെച്ചാൽ നിശ്ചയിക്കണം അങ്ങനെ നിശ്ചയിച്ചിട്ട് അഖണ്ഡിതം മനസ്സിൽ അത് ഇടമുറിയാതെ മനസ്സിൽ നിലനിർത്തേണ്ട നമുക്കാര്യം കർത്തവ്യം അതിൻ്റെ അഖണ്ഡമായ സ്വഭാവം അതിൻ്റെ നൈരന്തര്യത്വം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആത്മാത്രമായിരിക്കുന്നുണ്ട് അപ്പോ അത് നമ്മൾ ആ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രമിപ്പിക്കുന്നത് ആ വിഷയത്തെ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടാൽ അതിനെ തന്റെ ബുദ്ധിയിൽ നിലനിർത്തുക എന്നുള്ളൊരു ജോലി കൂടി ഉള്ളു വിട്ടുപോയാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല പ്രയോജന അപ്പൊ അതിന് ഇന്ന് ആ അറിവിന്റെ പ്രയോഗം ഏതൊരുവായാലും അതിന്റെ പ്രയോഗം പലതരത്തിലായി ഒരാള് ബിസിനസ് ചെയ്യാൻ വേണ്ടി പഠിക്കും പ്രയോഗം എന്ന് ബിസിനസ് ചെയ്യുകയാണ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുന്നു എന്റെ പ്രയോഗം വെച്ച് അത് പ്രവർത്തിച്ചു കാണിക്കുക എന്നുള്ളതാണ് ഏത് വിഷയമാണ് അപ്പോ അത് പ്രയോഗത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ആ അയാളെ സംശീകരിച്ച അറിവ് അഖണ്ഡിതമായി മുറിയാതെ വിസ്മരിച്ചു പോകും മുറിയുക എന്ന് പറഞ്ഞാൽ വിസ്മരിച്ചു പോവുകയാണ് ഓർക്കാൻ കഴിയാതെ െ വിസ്മരിക്കാതെ തന്റെ മനസ്സിൽ നിർത്താൻ കഴിയില്ല എന്നാൽ അതിന്റെ പ്രയോഗത്തിലായ വിജയിച്ചു ഇപ്പോ നമ്മള് ആധ്യാത്മികമായ അറിവുകൾ ഇങ്ങനെയുള്ള കൈ ശാസ്ത്രങ്ങളൊക്കെ അധ്യയന ഇതിന്റെ പ്രയോഗം എന്ന് പറയുന്നത് എവിടെയാവരുന്നത് എവിടെ ശരിക്കും എന്റെ പ്രയോഗം എവിടെയാണ് കാര്യത്തിൽ നോക്കൊരു തെട്ടിദ്ധാരണയും വേണ്ട അതിന്റെ പ്രയോഗം എന്ന് പറയുന്നത് അതെന്താ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴും പ്രഭാഷണം നടത്തുമ്പോഴുമൊക്കെയാണ് അതിന്റെ പ്രയോഗം അത് തന്നെ അതിന്റെ പ്രയോഗം എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ മുഖ്യമായ പ്രയോജനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു സ്വാധ്യായം പ്രവചനം പഴയകാലത്തെ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് അറിവിന്റെ പ്രചാരം എന്ന് പറയുന്ന ആർജിതമായ ഒരു അറിവിന്റെ പ്രചാരമെന്ന് പറയുന്നത് പ്രവചനത്തിലൂടെയാണ് വർഷങ്ങളോളം ഇതൊക്കെ കേൾക്കുന്നു എന്ന വിഷയത്തെ കുറിച്ച് ശരി കുറച്ച് പേരോളം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്തുകൊണ്ടാണ് നമ്മൾ ഭയക്കുന്നത് പ്രധാനമായ കാരണം ആ വിഷയം നമ്മുടെ ഉള്ളിലും ഹൃദികാര്യം അഖണ്ഡിതം നമ്മുടെ മനസ്സിൽ വിഷയം നിലനിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് ധൈര്യമായി പറയാൻ കഴിയാത്ത നമ്മുടെ മനസ്സിലേത് വിഷയമാണോ നിൽക്കുന്നതെന്ന് നമ്മൾ പറയും പക്ഷെ ഇതൊക്കെ പറയാൻ പറ്റില്ല അതങ്ങനെ മനസ്സിൽ ചെതറി കിടക്കും അവിടെ ഇവിടെ ആശയങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും അതിനെ അടുക്കം ചിട്ടയുമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവില്ല കാരണം ഈ അഖണ്ഡിതമായി നിൽക്കാത്ത കൊണ്ടാണ് അതാണ് അപ്പൊ ഇതാണോ അതിൻ്റെ ഉപയോഗം എന്ന് ചേർത്ത് ചിന്തിക്കും ആണ് പിന്നെ വാതകം അതിനുള്ള സ്വന്തം ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക അല്ലേ എന്നൊക്കെ ചില ചോദിക്കും വലിയ ചില ഇതാണ് സ്വന്തം ജീവിതത്തിൽ ഒരു മനുഷ്യൻ പ്രായോഗികമാക്കേണ്ട എന്താണ് ശാസ്ത്രങ്ങളോ നിങ്ങളിപ്പോ വ്യാകരണം പഠിക്കുന്നു തർക്കം പഠിക്കുന്നു ബ്രഹ്മസൂത്രം പഠിക്കുന്നു ഇതെല്ലാം സ്വന്തം ജീവിതത്തിന്റെ പ്രായോഗികത എന്ന് പറയുന്നത് എന്താണ് ആത്യന്തികമായി സ്വന്തം ജീവിതത്തിന്റെ പ്രായോഗിക എന്ന് പറയുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ചില മൂല്യബോധങ്ങളാണ് ആ മൂല്യബോധങ്ങൾ ഒരാൾക്ക് കൈവരിക്കുന്നതിനും മണ്യ പഠിപ്പിന്റെ ആവശ്യമില്ല പഠിച്ചറിഞ്ഞതുകൊണ്ടത് ജീവിതത്തിന്റെ മൂല്യമായിരിക്കില്ല അത് തന്റെ ജീവിതത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല തന്റെ പ്രവൃത്തികളിൽ തന്റെ പ്രവൃത്തികൾ മൂല്യാധിഷ്ഠിതമായിരുന്നു എന്നൊന്നും അറിവ് സംഭാവിക്കുകയുള്ളൂ അത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നു അത്രയുള്ളൂ മറ്റത് എന്താണോ ജീവിതമൂല്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് സ്വയം പ്രാക്ടീസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ് അത് ഒരാള് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും തന്റെ ജീവിതം വെച്ച തന്റെ പ്രവൃത്തികളിൽ ആ മൂല്യങ്ങൾക്കനുസരിച്ച് അതിനെ ക്രമീകരിക്കുകയും ചെയ്ത ഒരുപാടൊക്കെ പഠിച്ചവന്തും മൂല്യബോധമില്ലാത്ത ഒരു പഠിപ്പില്ലാത്തവന് മൂല്യബോധം ഉണ്ടായി അതെന്താണ് ഒരുവൻ മൂല്യമായി സ്വീകരിക്കുന്ന അത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അത് പഠിപ്പിക്കൊണ്ടിരിക്കണമെന്നൊന്നും തന്റെ ജീവിതവും മൂല്യങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരിക്കുന്നു എന്നുണ്ട് ഇപ്പം പറഞ്ഞത് സത്യം ഹിംസ എന്നുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ഒരു മൂല്യബോധമായി ഉൾക്കൊള്ളുന്നതും പഠിക്കുന്നതും കണ്ടിട്ടാണ് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും ഒരാൾ വിശദീകരിക്കാൻ ഒരു മൂല്യബോധമായി അതിനുൾക്കൊള്ളുകയാണെങ്കിൽ തൻ്റെ ജീവിതം അതിനനുസരിച്ച് അയാൾ ക്രമിക്കുക അവിടെ പഠനത്തിന്റെ ആവശ്യം രണ്ടും രണ്ടാണ് അപ്പൊ പഠിക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ് അത് അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അതിനുവേണ്ടി ഒരാൾ മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച നല്ലത് അങ്ങനെ നയിക്കാതെ വന്നുകഴിഞ്ഞാൽ പ്രചാരണം നടക്കും പിന്നെ ലോകത്ത് അങ്ങനെയാ കാണണം അപ്പോ ഇതിന്റെ പ്രവചനം എന്നുള്ളൊരു ഭാഗം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ധരിച്ച് അഖണ്ഡിതമായി മനസ്സിൽ സൂക്ഷിക്കണം ജനങ്ങളെ വലിയ രീതിയിൽ ആകർഷിക്കാനും ഇംപ്രസ് ചെയ്യാനും കഴിവുള്ള ആൾക്കാർ ജീവിതത്തിൽ അവർ എത്രമാത്രം മൂല്യബോധങ്ങളുണ്ട് എന്നുള്ളത് അതുമായിട്ട് ബന്ധമൊന്നുമില്ല മറ്റൊരു കഴിവുകളൊരു കലയാണ് ആശയവിനിമയം ചെയ്യാൻ തുടങ്ങുന്ന അതൊരു കലയാണ് അതൊരു മൂല്യബോധമാണ് മൂല്യാധിഷ്ഠിതമായി ഒന്നുമില്ല മൂല്യം എന്ന് പറയുന്ന ഒരാളുടെ ജീവിത ആദർശം രണ്ടും രണ്ടാണ് അതുകൊണ്ട് എന്താണ് ഇതെന്താണെന്ന് നിശ്ചയിച്ചിട്ട് ചെയ്യണം ഇത് വിട്ടുപോകാൻ സൂക്ഷിക്കണം ഇത് കേവലം ഇവിടെ പറയുന്ന കാര്യത്തിലെല്ലാം ഏത് വിഷയം നമ്മൾ ഗ്രഹിച്ചാലും ശരി അത് നമ്മുടെ മനസ്സിൽ കരുതി വയ്ക്കണം നഷ്ടപ്പെടാം എന്നാലും ആവശ്യം വരുമ്പോൾ അത് പുറത്തെടുക്കാനും ഉപയോഗിക്കാനും കഴിയും മഹാനസി വിരക്തോസി തത്വ്ഞസി ജനസ്ഥിതോ തൊയിച്ചോത്തം രകത്യന്തം കുങ്കുമാമ്പ അംശുക രാമനോട് പറയുന്നു രാമന്റെ സവിശേഷത ആയി പറയുന്നു എന്താണ് മഹാനോസി മഹാനാണ് വിരക്തോസി അത് ഇതുവരെ ഉള്ള ഭാഗങ്ങളിൽ നിന്നും വ്യക്തമായ കാര്യമാണ് വിരക്തി എന്ന് പറയുന്നത് രാമന്റെ മൂല്യമാണ് ഒരു മൂല്യതയാണ് ശരിക്കും അങ്ങനെയാണ് അവിടെ രാമൻ ഇപ്പൊ ഈ സമയത്ത് ഭൗതികവുമായി ഉയർവിട്ട് വീഴ്ചയ്ക്കുന്ന എല്ലാം വീഴ്ച അത് അവിടെ ഉണ്ടായിരുന്ന ജനകനം എല്ലാവർക്കും ബോധ്യപ്പെട്ടതായി അപ്പൊ രാമൻ തന്നെ ഇതിനകം ഒരുപാട് തത്വങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞനാണ് തത്വജ്ഞനാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നതെന്ന് രാമനെ ഉപദേശിച്ചു തത്വനാണല്ലോ അപ്പൊ അത് മുമ്പോട്ട് വരുന്ന ഭാഗമായി പറയുന്നു തത്വത്തെ അറിയുക എന്ന് പറയുന്നത് ആദ്യം കാര്യമാണ് കാരണം കേട്ടാൽ അത് അതുമുണ്ട് അത് നിശ്ചിതമായി അറിയുക സംശയങ്ങളെല്ലാം ദൂരീകരിച്ചറിയുക അങ്ങനെ അതിന് തുടർന്നു വരുന്ന പല കാര്യങ്ങളുണ്ട് ഇവിടെ പറയാൻ പോകുന്ന പല അഭ്യാസങ്ങൾ അതൊക്കെ നീ അവശേഷിക്കുന്നു ജനസ്ഥിതി ഈ സഭയിൽ ഇതൊരു സഭയിലാണ് ജനസ്ഥിതി എന്ന് പറയുന്ന ഈ സഭയിൽ എന്താണ് നീ ഇങ്ങനെയൊക്കെ യോഗ്യതയുള്ളവനാണ് തൊഴുക്തം ലഗത്യന്ത അന്തലഗതി ിൽ പതിയുന്നു ഞാൻ പറഞ്ഞതെല്ലാം എന്റെ ഉള്ളിൽ പതിയുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞാൽ വീണ്ടും പറയണം കുങ്കുമാമോ യഥാ സിസേ പട്ടുവസ്ത്ര കുങ്കുമം പിടിക്കുന്നത് പോലെ ിൽ അതിനുള്ള യോഗ്യതയുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ ശിഷ്യനായിരുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നുണ്ട് ആ ഗ്രഹണം അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ യോഗ്യതയായി രാമനും വിരക്തിയുള്ള അതാണോ പ്രാഥമിക യോഗ്യത അതെല്ലാം അങ്ങനെ ഇവരുടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അടുത്ത അമ്പത്തിയാറിൽ പറയുന്നു ഇടയ്ക്കുള്ളത് ആവർത്തനമാണ് ഞാൻ അങ്ങോട്ട് മനോഹിച്ച ഇതൊരു പരമാർത്ഥത്തെ കുറിച്ച് പറയാൻ ഇനിയും ആവർത്തിക്കരുത് എന്താണ് മനോഹിച്ച ഫലം ഗ്രാമ മനസ്സെന്ന് പറയുന്നത് ചലമാണ് തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്റെ ശക്തിക്കനുസരിച്ച് മനസ്സിന് ഒരിടത്തും നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് മനസ്സ് എന്താണ് സംസാരക്കടം ഈ സംസാരമാകുന്ന ജീവിതമാകുന്ന വനത്തിന് ഒരു മർക്കടം കുരങ്ങനാണ് അതൊരിക്കലും സ്വസ്ഥമായിരിക്കുന്നില്ല അത് മർക്കടം പോലെ എന്നല്ല പറയുന്ന ഒരു മനസ്സെന്ന് പറയുന്ന ഒരു കുരങ്ങ് തന്നെയാണ് നിരന്തരം ചപ്പലമായി മനസ്സ് യോഗം പല പല അഭ്യാസങ്ങൾ ഇതെല്ലാം തന്നെ മനുഷ്യൻ വളർത്തിയെടുത്തത് എന്തുകൊണ്ടാണ് മനസ്സി ചപലമായതുകൊണ്ടാണ് മനസ് ചപലമാണെന്നും സദാസുഖയും ഒരാൾക്ക് ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് മനുഷ്യൻ പല യോഗമായാലും ഭക്തിയായാലും ജ്ഞാനമായാലും എന്തായാലും എല്ലാ ആധ്യാത്മിക മാർഗങ്ങളും രൂപപ്പെടുത്തി മനസ്സ് ചപലമായതുകൊണ്ടാണ് തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്റെ ശക്തി കൊണ്ട് മനസ്സിനെ താൻ ആഗ്രഹിക്കുന്നവർ തന്നെ നമ്മൾ പിടിച്ചാലും അത് വഴുതിപ്പോ അപ്പൊ തന്റെ നിയന്ത്രണം അതീതമാണെന്ന് കാര്യം അപ്പൊ മനുഷ്യരെന്ത് ചെയ്യുന്നു നിരന്തരം ചപല നിരന്തരം ചരിച്ചുകൊണ്ടിരിക്കുന്നു അസ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ മനുഷ്യൻ പരമാവധി ചെയ്യുന്ന എന്താണ് അങ്ങനെ നിരന്തരം സബലമായിരിക്കുന്ന ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ അതേ മനസ്സുപയോഗിച്ച് നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കും ശ്രമിക്കുന്നതാണ് എൻ്റെ അഭ്യാസം ആ മനസ്സിനെ വരതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മനസ്സല്ലാതെ അവൻ്റെ വേറെ ഒന്നും വേറെന്താണ് ടെന്തു പോയതെ ആശ്രയിച്ചാലും മനസ്സിലൂടെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് മനോനിയന്ത്രണം എന്ന് പറയുന്നത് മനസ്സിൽ തന്നെ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ വേറെ കാര്യം ചെയ്യുന്ന മനസ്സിന്റെ സ്വതയുള്ള ശീലം അത് ചഞ്ചലമാണ് അത് നിയന്ത്രണ അതീതമാണ് പിന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആരും മനസ്സ് എൻ്റെ വേറെ ഒന്നും നമ്മളതിലില്ല അപ്പോൾ അതിന്റെ പ്രകൃതിയെ തന്നെ നിയന്ത്രണാതീതമായിരിക്കുമ്പോൾ അതേ മനസ്സുകൊണ്ട് അതേ മനസ്സിൽ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു സാഹസപ്രവൃത്തിയാണ് മനുഷ്യൻ ചെയ്തത് അതുകൊണ്ടാണ് അത് മനുഷ്യനതിന് പരാജയപ്പെട്ടത് ഉത്സേക ഉതദേറെ യദ് മനസ്സോ നിഗ്രഹത്തംസേവ ഉദതേരുസാദരീനേകബന്ധുനോ മനസ്സോ നിഗ്രഹത്തോത്ഭവിക്കേത വളരെ പ്രാചീനമായൊരു പദ്യമാണ് എല്ലായിടത്തും ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു കുശത്തുമ്പുകൊണ്ട് അതിൻ്റെ വെള്ളം കരയിലേക്ക് എത്തിച്ച് തുള്ളിത്തുള്ളിയായിരുന്നു അതിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ പ്രത്യേക മൃതദേഹത്തിൽ കുശാത്തിരയിലേകിന് നിഗ്രഹത്ത അതുപോലെ മനസ്സിനെ ഒരാൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നുവെച്ചാൽ അത് എളുപ്പമാണെന്നും അല്ല സമുദ്രത്തെ കുശത്തുമ്പിലെ വെള്ളം അതുകൊണ്ട് അതിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ പ്രയാസമാണെന്ന് പറയുമ്പോൾ അത് പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ ആദ്യം അതിനെ നിഗ്രഹിക്കാം എന്നുള്ള മോഹം അത് ഉപേക്ഷിക്കുന്നതാണ് അതിനുള്ള ഏറ്റവും നല്ലൊരു കാര്യം അതെങ്കിൽ നിഗ്രഹിച്ച് കളയാം നിഗ്രഹിക്കാം ചിന്തിക്കുന്ന കാര്യം മനസ്സ് വേറൊന്നുമില്ല മനസ്സല്ലാതെ വേറൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല നമ്മുടെ അനുഭവത്തിൽ അതായത് നമ്മുടെ അറിവെന്ന് പറയുന്നത് അത് തന്നെയാണ് മനസ്സ് മനസ്സിന്റെ തലത്തിലാണ് എല്ലാം നടഗ്രഹിക്കുക അത് മർക്കടം പോലെയാണെന്ന് പറയുന്നു അതാണ് മനോഹിച്ച പോലെയാണ് സംസാരപോലെ മറക്കണം സംശോദ്യ ഹൃഗ യജ്ഞന ശ്രോതവിക നിർമാർത്ഥി അതുകൊണ്ട് മനസ്സിനോടുള്ള യുദ്ധം മനസ്സിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊരു കാര്യമില്ല നമുക്ക് ഏറ്റവും വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതൊന്നും മനസ്സിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് സമൂഹം എന്നും നേരിടുന്ന വെല്ലുവിളി വ്യക്തി സമൂഹം ഈ മനസ്സിനെ നേരിടുന്നു പിന്നെന്താണ് എനിക്ക് തോന്നിയിട്ടുള്ള മാനസിക ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മുടെ ശാരീരികമായ ആരോഗ്യം നിലനിർത്തുന്നത് അതുപോലെ മാനസികമായ ആരോഗ്യമാണ് മനുഷ്യർ അത് നിലനിർത്തുക എന്നുള്ളതാണ് അതിനപ്പുറം വേറെ മനസ്സിനെ നിയന്ത്രിക്കാനും അതിനെ പരുത്തിക്ക് വരുത്താനൊന്ന് ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല മനസ്സിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എല്ലാ മനസ്സിലും അതുകൊണ്ടാണ് എല്ലാ മനസ്സിനും ചേർന്ന് ഒരു മനഃശാസ്ത്രം ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ വിജയിക്കാത്ത ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ഓരോ മനസ്സും വ്യത്യസ്തമാണ് ഓരോ മനസ്സിൻ്റെയും പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് എല്ലാ മനസ്സിനും പ്രശ്നങ്ങൾ അപ്പോ അതിൻ്റെ ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മനസ്സിൽ അനാരോഗ്യകരമായ പ്രവണതകളെ ഉണ്ടാകും അനാരോഗ്യകരമായ ശീലങ്ങളെ ഉണ്ടാകും ആ അനാരോഗ്യകരമായ ശീലങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിത്വത്തെ വല്ലാതെ ബാധിക്കും മനസ്സിൻ്റെ അനാരോഗ്യകരമായ പ്രവണത വ്യക്തിത്വത്തെയാണ് ബാധിക്കുക അപ്പോൾ വ്യക്തിത്വത്തെ ബാധിക്കാന്ന് വെച്ചാൽ എങ്ങനെ മനുഷ്യൻ മനസ്സുകൊണ്ട് തകരുക എന്ന് പറഞ്ഞതെന്നാണ് മനുഷ്യന് സമൂഹ ജീവിതം അസാധ്യമായി തീരുന്നതാണ് അവന് സമൂഹത്തിന്റെ ഒരു ഭാഗമായി തുടരാൻ കഴിയാതെ വരിക അതാണ് പ്രശ്നം അല്ലാതെ കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന കാര്യമില്ല ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നു അതാണ് മനസ്സിന്റെ അനാരോഗ്യ അവസ്ഥ അതൊക്കെ ഓരോ മനസ്സും വ്യത്യസ്തമാണ് അതിന് ഇവിടെ പറയുന്ന ഒരു പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് മാനസികാരോഗ്യം നേടിയെടുക്കുക അതിന് ഇവിടെ പറയുക അറിവ് നേടുക എന്നുള്ളത് അത് മനസ്സിൽ തന്നെ നേടിയെടുക്കുക മാനസികമായ പരിസരങ്ങളെ അറിവ് നേടി പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പോ അവനവന്റെ മനസ്സിനെ കുറിച്ച് അതിനെയാണ് സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയുന്നത് അതിന് എന്താണ് നമുക്ക് പിടികിട്ടാത്ത ബ്രഹ്മത്തിന്റെ എവിടെയൊന്നും പോകേണ്ട കാര്യമായി അത്രയൊന്നും പോകേണ്ട നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സ്വപ്നം കാണേണ്ട യാതൊരു കാര്യമില്ല നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരിക്കുന്ന മനസ്സിന്റെ ദുർബലതകളെ തിരിച്ചറിയുന്നതാണ് വിവേകം അറിവെന്ന് പറയും അറിവില് അറിവ് അതിനു വേണ്ടിയിട്ടാണ് ആ പോരായ്മ ബലക്ഷയത്തെ തിരിച്ചറിയുക അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക അത് സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി അത് ഏതു അങ്ങനെ മനസ്സിൻ്റെ അനാരോഗ്യത്തെ കളയുക ആരോഗ്യത്തെ അപ്പോ വ്യക്തി സമൂഹത്തിനോട് ത്വരുത്തപ്പെട്ട് ജീവിക്കും അപ്പോ ഞാൻ പറയുമ്പോൾ പിടിച്ചില്ലാന്ന് ഈ സമൂഹത്തില് സമൂഹത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് സമൂഹത്തിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു താളം കണ്ടെത്താൻ കഴിയാത്തവരുണ്ട് മനസ്സിൻ്റെ പ്രശ്നമാണ് അങ്ങനെ മനസ്സിന് സമൂഹത്തോടൊരു താളം കണ്ടെത്താൻ കഴിയാത്ത കുറേ ആൾക്കാർ സമൂഹത്തിൽ തന്നെയുണ്ട് എന്നാൽ ഈ താളപ്പിഴൽ സംഭവിക്കുന്നവർ വലിയൊരു വിഭാഗം ഒത്തുകൂടുന്ന സ്ഥലങ്ങളാണ് ഈ ആശ്രമങ്ങളും മഠങ്ങളെന്നൊക്കെ പറയും ഒരു കാരണം അതാണ് എവിടെയൊക്കെ നമുക്കൊക്കെ സമൂഹമായിട്ടുള്ള പൊരുത്തം നഷ്ട അവിടെത്തന്നെ തുടരുന്നവരുണ്ട് കുറച്ച് പേര് അവിടെ മാറും സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെയാണ് അതിനു കുറച്ച് പൊരുത്തക്കേടുകളൂടെ കലർന്നിരുന്നാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പൊരുത്തക്കേടുകളെല്ലാം കൂടെ ഒരിടത്തും ഒരുമിച്ച് കൂടിയാലോ അതൊരു വലിയ പെരുത്തക്കേടായിരുന്നു അത് ഒരുമിച്ച് കൂടിയവരിലെല്ലാം അനുഭവിക്കുന്നുമുണ്ട് അതെല്ലാവർക്കും അറിയാം അപ്പൊ അത് ഇതിന് എന്താണ് ഇത് മറക്കടമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള പരിഹാരം കണ്ടെത്തുക ആത്മീയ സാധനങ്ങൾ ഇതിനൊരു പരിഹാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞു അത് ഏതരത്തിലുള്ള സാധനങ്ങളനുസരിച്ച് പരിഹാരമാണ് എപ്പോ ഒരാളെന്തെങ്കിലും ഒരു പ്രത്യേക ആധ്യാത്മിക സാധനങ്ങൾ മുഴുകിയിരിക്കുന്ന സമയം ഓക്കെ എപ്പോഴാണോ അത് അയാൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടി വരുന്നത് വീണ്ടും താളം ഈ സമൂഹത്തിൽ നിരന്തരം ഈ സമൂഹത്തിൻ്റെ സമാധാനത്തെ ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതൊക്കെ ഈ താളം തെറ്റിയ മനസ്സിലാണ് ഈ മനസ്സിന്റെ താളം തെറ്റുന്നത് കൊണ്ടാണ് അവർ പലതരം അതിക്രമങ്ങളിലേക്ക് തിരിയുന്നത് പലതരത്തിലുള്ള രാസലഹരികളിലേക്കൊക്കെ മനുഷ്യന്മാറുന്നതെല്ലാം ഈ മനസ്സിന്റെ താളം തെറ്റുക അറിവ് ഒരു പ്രതിവിധിയാണ് ഇവിടെ പറയുന്ന എന്താണ് പരമാർത്ഥ ഗീശോ ഇവിടെ പറയാൻ പോകുന്ന ഈ പരമാർത്ഥ തത്വത്തെ മനസ്സിനെ ശാന്തമാക്കുന്ന അതിനു വേണ്ടി പഴയ കാലത്ത് ഉപദേശിച്ചു കൊടുത്താണ് ഈ ഒരു പരമാർത്ഥ തത്വം അങ്ങനെ ഒരു തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുന്നു പഴയ ആൾക്കാർ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് പക്ഷേ പ്രശ്നം എന്താണ് ഓരോരുത്തരുടെയും മനസ്സ് ഓരോന്നാണ് ഈ പരമാർത്ഥ തത്വത്തെ അറിഞ്ഞ് ശാന്തമായിരിക്കാൻ ചിലരും കഴിയും അത് ശനിയാണ് പക്ഷെ എല്ലാവർക്കും അത് പറ്റത്തില്ല അത് പൊതുവെ അവർ പറയുന്ന എന്താണ് ഈ തത്വം വളരെ ദഹനമാണ് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നിട്ട് അവസാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോ എന്ന് പറയും അത് എല്ലാവരുടെയും മനസ്സ് അതിനു പറ്റിയല്ല അതാണ് അതിന്റെ പരമാർത്ഥം എന്തുകൊണ്ടല്ലാത്തെയും മനസ്സിനെ പറ്റിയിട്ടാകുന്നതാണ് ഓരോരുത്തരും മനസ്സിൽ ഉപകരിക്കും ഓരോരുത്തർക്കും അവരവരുടേതായ സ്വന്തമായ മനസ്സാണ് അതും ഒരു പരിഹാരമല്ല ചിലർക്കെ സഹായിക്കും അങ്ങനെ ഒരു തത്വത്തെ ശാന്തമായി ജീവിക്കുക ഇനി അവിടുത്തെ മനസ്സിന്റെ താത്വിക രാജസ താമസ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ പറയും അപ്പോൾ മനസ്സിന്റെ അസാത്വിക ഭാവങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് ശാന്തമായി ജീവിക്കുക പക്ഷെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ താനിപ്പോ ശാന്തമായിരുന്നാലും തന്റെ ചുറ്റുപാടും നിരന്തരം അശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തനിക്കൊറ്റ ശാന്തമായിരുന്നു വളരെ ഇപ്പോൾ സമൂഹത്തിലെ ഓരോ മനസ്സുകൾക്കും സ്വീകാര്യമായ പല പല മാർഗങ്ങളിന് വേണ്ടി മാനസികാരോഗ്യത്തിനു വേണ്ടിയിട്ട് ഇത് ശരിയാണ് അവിടെ തന്നെ പറയുന്നുണ്ടല്ല ഓറും പേർക്കും ഇത് പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർ ഓരോരോ വഴികൾ കണ്ടെത്തേണ്ടി വരും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ആധുനികമായ ഒരുപാട് മനഃശാസ്ത്ര പദ്ധതികളൊക്കെ ഓരോ ചിന്തകന്മാർ ആവിഷ്കരിച്ചത് എല്ലാത്തിനും ചെയ്യുന്നത് ഒന്ന് പ്രധാനമായിട്ടും മനുഷ്യന അറിവ് ഉപകരിക്കുന്നു അത് മനഃശാസ്ത്രമായാലും ശരി ആധ്യാത്മിക ശാസ്ത്രമായാലും ശരി മനസ്സിന് അറിവ് പകർന്നു കൊടുക്കുക കൊണ്ട് മാത്രമേ താൻ അറിയണം അറിഞ്ഞിട്ട് തന്റെ മനസ്സിന് തന്റെ മനസ്സുകൊണ്ട് തന്നെ ശാന്തമാക്കണം അതാളൂടെ പറയുക സംശോത്യകൃതി എന്തേന ശോധന ചെയ്യണം എപ്പോഴും പറയുന്ന പരിശ്രമിച്ച് തണ്ട് മനസ്സിന് ശോധന ചെയ്യുക അതിങ്ങനെ പരമാർത്ഥതയെ ശ്രദ്ധത്തില്ല അതുകൊണ്ട് പരിശ്രമിച്ചെന്തെയാണ് പരമാർത്ഥ കേട്ട് അതിന് നല്ലവണ്ണം സംശോധിച്ച് ശോധന ചെയ്ത് വിചാരം ചെയ്ത് അതിൻ്റെ സാരത്തെ ഗ്രഹിച്ച് മനസ്സിന് ഈ മനസ്സാകുന്ന മറുക്കിടത്തെ ശാന്തമാക്കും അങ്ങനെ ഒരു വഴിയാണ് ഈ പറയുന്നത് അതിൻ്റെ നാനാവശ്യങ്ങളെക്കുറിച്ച് പറയും ആത്മീയത എന്ന് ആത്മീയ ജീവിതത്തിൽ ആത്മീയതയിൽ നിരാശ ബാധിക്കാൻ പാടില്ല നിരാശ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അതിന്റെ അർത്ഥമായുള്ള ആത്മീയ വിഭ്രാന്തിയിലാണ് ആത്മീയതയിലല്ല ആത്മീയ വിഭ്രാന്തിയിലാണ് വിഭ്രാന്തി ഉള്ള ഒരു കാര്യം നമുക്ക് സാധിക്കുന്നുമില്ല മരുമരീചിക ഇല്ലെന്ന് നമുക്ക് നമ്മുടെ അതാവിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോ ആത്മീയ ധാരണകൾ ശരിയായ ധാരണകൾ ഒന്നും ഇവിടെ പറയില്ലാതാണ് അറിവാണ് മറ്റ് എന്താണോ ഒരുവന്റെ മാനസികമായ അനാരോഗ്യം അതിനനുസരിച്ചുള്ള അറിവ് നേടിയുണ്ട് പിന്നെ ഇത് ഒരു ഭാഗം മാത്രം നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന എന്തിനാണ് മനഃശാസ്ത്രം പോലും ഏറെക്കുറെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് അറിവിലൂടെ ശുദ്ധീകരിക്കുന്ന വഴികളാണ് അറിവ് തന്നെയാണ് എല്ലാവരും കൗൺസലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അവനെ ബോധവൽക്കരിക്കുകയാണ് അതുപോലെ തന്നെ അറിവാണ് നേടൽ ഇതാണ് എല്ലാ മനസ്സിൻ്റെ ഇതാണ് പരിഹാരം അങ്ങനെ അവൻ എന്ന് കണ്ടെത്തുകയാണ് എല്ലാ കൗൺസിലിംഗിൽ നിന്ന് എല്ലാതിൽ നിന്ന് പോയി തന്നെ തിരിച്ചറിയാം തന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്ക എന്നതിനപ്പുറം മനസ്സിനൊരു വശമുണ്ട് അതും വളരെ പ്രധാനമായൊരു ഘടകമാണ് എന്തുകൊണ്ട് മനസ്സിങ്ങനെ ചബലമായിരിക്കും അങ്ങനെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതൊരു ഒറ്റവാക്കിലുണ്ട് ഒരു ജീന എന്ന് പറയുന്ന ഒരു ഒറ്റവാക്കിൽ പരിഹരിക്കേണ്ട ഒരു കാര്യമില്ല അതും ഒരു കാരണമാണ് അതിന് മാത്രം കാരണമായിട്ടെടുക്കാൻ പറ്റില്ല ഏ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സ് ഒരു പിടിയിലൊരാൾ സദാസദ്യം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെ മനസ്സും അങ്ങനെയാണ് അതിന് ചിലരൊക്കെ എന്ത് ചെയ്യുന്നു അതിനെ കൈകാര്യം ചെയ്യുന്നതിന് ഏറെക്കുറെ വിജയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിനൊക്കെ അനുസരിച്ചിരിക്കുന്നു മനസ്സെന്തുകൊണ്ടിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരവുണ്ട് എന്താണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് അതാണ് മനസ്സിന് നിരന്തരമെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് ആധുനികമായ ശാസ്ത്രം കണ്ടെത്തിയ കാര്യം അതിനൊരു വലിയ പങ്കുണ്ട് വലിയ പങ്കെന്ന് വെച്ചാൽ അതിനാണ് ഏറ്റവും വലിയ പങ്ക് അതിങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്ന ആ പ്രവർത്തനത്തിന് നമുക്ക് സാധാരണഗതി പറയുന്ന യാതൊരു സ്വാധീനമില്ല യാതൊരു തരത്തിലുള്ള നമ്മൾ മനസ്സിനെ പൊടി ഈ മനസ്സെന്ന് പറയുന്ന എന്താ ഇതെന്തോ പിഴച്ച കാര്യത്തിൽ നമ്മൾ മനസ്സിനെ ശ്രമിക്കുകയാണോ എന്റെ മനസ്സിങ്ങനെ ആയിപ്പോയണോ ഒരു കാര്യമില്ല മനസ്സ് അല്ല കുറ്റവാളി മനസ്സിന് നിരപരാധിയുണ്ട് പിന്നെന്താണ് മനസ്സിന്റെ പിന്നിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് നമുക്ക് ഇങ്ങനെ ഒരു മനസ്സിനെ സദാ സമ്പാദി എന്താണ് സംഭാവന ചെയ്യുന്നു ആ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യം അതിന്റെ മേൽ നമുക്കുള്ള നിയന്ത്രണം സാധാരണ വളരെ തുച്ഛമാണ് അപ്പോൾ അത് ആ പ്രവർത്തനങ്ങൾ മനസ്സിനെ ചിലപ്പോൾ ആരോഗ്യകരമായി ചിലപ്പോൾ അത് അനാരോഗ്യകരമായും മനസ്സിനെ പ്രവർത്തിപ്പിക്കും രണ്ടിനും കാരണം നമ്മുടെ ബ്രെയിനിലെ പ്രവർത്തനങ്ങളാണ് എന്ന് ഇന്നത്തെ ആധുനികമായ ശാസ്ത്രം തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ മനസ്സെന്ന് പറഞ്ഞ വെറും ഒരു പുകയാണ് ഈ പുകയോട് യുദ്ധം ചെയ്തിട്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്താണ് ഈ പുക സൃഷ്ടിക്കുന്നത് അവിടെയാണ് പ്രവർത്തനം ഇവിടെയൊക്കെ ഫയർ എക്സ്റ്റിങ്വിഷൻ ഇവിടെയൊക്കെ ഇരുമ്പോണ്ട് അതെടുത്ത് ഉപയോഗിക്കുക അറിയാം എങ്ങനെയാണെന്ന് ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം അതിന്റെ പിന്ന് വലിച്ചു വിണ്ണൂ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു സാധനമുണ്ട് അതെടുത്ത് കളയും എന്നിട്ട് അതിന്റെ പൈപ്പ് അത് ആ തീയുടെ ഉത്ഭവ സ്ഥാനത്തിനെങ്കിലും അത് അടിക്കും ഏത് തരത്തിലുള്ള ആളുകളായാലും ശരി എ ബി സി ആയാലും ശരി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സാമാന്യമായ ഒരു വിഷയമാണ് നല്ല കാർബൺ ഡൈഒക്സൈഡായാലും ശരി അതിന്റെ ഉദ്ഭവസ്ഥാനത്ത് അത് അടിച്ചു കഴിഞ്ഞാൽ തീ അണിക്കും അല്ലാതെ പുകയില്ലാന്ന് അടിക്കുന്നില്ല വലിയ പ്രയോഗം ഉണ്ടാവുക അതുപോലെയാണ് ഇവിടെ നമ്മുടെ ചികിത്സ വേണ്ട നമ്മുടെ ബ്രെയിനിനാണ് മനസ്സിനേണ്ടി വരും എപ്പോഴും വേണമെന്നില്ല പിന്നെ നമ്മൾ ശരിക്കും ഈ പറയുന്ന അറിവ് സമ്പാദിക്കുക മാനസികമായ അഭ്യാസങ്ങൾ ചെയ്യുക മനസ്സിനെ ശാന്തമാകാൻ ശ്രമിക്കുക ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ിലെ പരിവർത്തനങ്ങൾ വരുത്തുന്നു വരുത്തുന്നു എന്തിന് നമ്മുടെ ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങളെപ്പോലെ സ്വാധീനിക്കുന്നു അതാണ് അടിസ്ഥാനപരമായി അന്തർലീനമായിരിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ അങ്ങനെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് മനസ്സിന് ശാന്തി അത് കേവലം മനസ്സെന്ന് പറയുന്ന അമൂർത്തമായ ഒരു വസ്തുത എന്തെങ്കിലും സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ മൊത്ത ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു പ്രേജ് ആ തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ അതിന് എന്താണ് ഉന്മാദം മനസ്സിന്റെ ഉന്മാദം മനസ്സിന്റെ ആനന്ദം അതിനുവേണ്ടി എന്തുകൊണ്ട് മനുഷ്യ രാസലഹരികളിലേക്ക് പോകും നേരെ അതവിടെ പോയി പ്രവർത്തിക്കുമ്പോഴാണ് അവൻ ഉന്മാദം അനുഭവപ്പെടുന്നത് അങ്ങനെ ഒരു ഉന്മാദത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ധ്യാനിക്കുന്നതും ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലെ അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഭജന പാടുമ്പോഴൊക്കെ ഒരാൾക്ക് ഉന്മാദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഭ്യാസങ്ങൾ മാനസികമായ അഭ്യാസങ്ങൾ നമ്മുടെ ബ്രെയിനിലെ സ്വാധീനം അങ്ങനെയൊരു സ്വാധീനങ്ങളുണ്ട് ഇല്ലാന്നു എന്തായാലും പ്രവർത്തനം അവിടെ നടക്കണം എന്നാൽ ഈ പുകപട്ടലത്തിൽ ഒന്നും ചെയ്തിട്ട് കാര്യം ബ്രെയിനത് എത്തണം ഓരോരുത്തരുടെയും മനസ്സും ഓരോ തരത്തിലാകുന്നു ഓരോരുത്തരുടെയും ബ്രെയിനും ഓരോ സവിശേഷതോടു കൂടിയതാകും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം ആ പ്രശ്നങ്ങളെയാണ് പരിഹരിക്കുന്നത് അത് ചിലപ്പം നമ്മുടെ രോഗ ധ്യാനങ്ങളെ കൊണ്ടൊക്കെ അവർ പരിഹരിച്ചെന്നിരിക്കും പരിഹരിച്ചില്ല എന്നിരിക്കും പരിഹരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തെ നമ്മൾ വീണ്ടെടുക്കുന്നു പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാനസികാരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിന് നമ്മൾ മറ്റ് വഴികൾ തേടേണ്ടി നേരത്തെ പറയുന്ന നമ്മുടെ ഈ സാധനാ പദ്ധതികളിലൂടെ ഒന്നും അല്ലാതെ അതിന് നമ്മൾ രാസവസ്തുക്കളെ തന്നെ ആശ്രയിക്കുക അതൊരു ദോഷമുണ്ട് അതുകൊണ്ട് മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പഴയകാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രങ്ങൾ എന്താണ് അത് അറിവിന്റെ ഒരു ഭാഗമാണ് പക്ഷെ അതി കൂടുതൽ അറിവില്ലാത്ത ഭാഗമാണ് അറിവില്ലായ്മ ബ്രെയിനിനെ കുറിച്ചുള്ള അറിവില്ലായ്മ അതുകൊണ്ട് ഈ അനുഭവം എന്ന് പറയുന്നത് അപൂർണമാണ് കുറെയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷെ വർത്തമാനകാലത്തിലും ഭാവിയിലും ഇതിലൊന്നും എനിക്ക് മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത് തീരുന്നില്ല ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് തന്നെ പറയുന്നത് അപ്പൊ മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ ഈ മനസ്സ് മറക്കടം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സല്ല മറക്കടമായിരിക്കുന്നു നമ്മുടെ ബ്രെയിനാണ് പറഞ്ഞു വരുന്നത് അതിന്റെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മനസ്സിനെങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ശാസ്ത്ര സത്യം ആധുനിക ശാസ്ത്രത്തിൽ കണ്ടെത്തുന്ന സത്യം പഴയകാലത്തെല്ലാം മനസ്സും മനസ്സ് അന്ധക്കരണമെന്ന് പറഞ്ഞ് അതിൻ്റെ എന്താണ് ഒരു ഉപരിപ്ലവമായ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ചർച്ചകളാണ് പോകുന്നത് എപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് മനസ്സിനെ പൊഴി പറയും എന്റെ മനസ്സിങ്ങനെ ആയി പോയാലോ എന്റെ മനസ്സിങ്ങനെയായാലോ എൻ്റെ മനസ്സെ എന്നെ ഇങ്ങനെ ഈ ധാരണ മാറ്റണം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നതിന് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്റെ ബ്രെയിൻ എന്റെ ബ്രെയിൻ ഇതിലെ സവിശേഷതകൾ അതാണ് ഈ മനസ്സായി എങ്കിൽ പ്രവർത്തിക്കുന്നത് അതാണ് എന്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നത് അതിന് മറ്റു പലതെ സാഹചര്യങ്ങളും എല്ലാം ഉണ്ട് എന്റെ ഗീതും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനെ പണി പറയേണ്ട കാര്യമില്ല അതിന്റെ പ്രതിവിധികൾ എല്ലാ തരത്തിലുള്ള പ്രതിവിധികൾ ആരാധക എന്നൊന്നാണ് അതുകൊണ്ട് മനസ്സിന് മറക്കടം മറക്കടം എന്ന് വിളിക്കേണ്ട ആ കാലമൊക്കെ പോയി ആ ഒരു കാലത്തിലല്ല നമ്മളിന്ന് ജീവിക്കും നമ്മൾ വർത്തമാനം ജീവിക്കുന്നു നെയ്യുകാലും ജീവിക്കും മനസ് വെറും പോകുകയാണ് തീ ഉള്ളിലിരുന്ന് ജലിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തീയെ നിയന്ത്രിക്കണം അവിടെയാണ് ഈ ഫയർ എക്സ്റ്റിംഗ്ഷറത്ത് പ്രയോഗിക്കേണ്ട അവിടെയാണ് പുകയില് അതാണ് പറയുന്നത് എന്താണ് സംശയ പ്രതി ഇവിടെ പറയുന്ന ഒരു മാർഗം തന്നെയാണ് മൊത്തത്തിൽ ആ മാർഗത്തെ പറയാ പരമാർത്ഥകി പരമാർത്ഥത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ട് ഒരു പരമാർത്ഥ ഉണ്ടാക്കി ആ വിജ്ഞാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കുക എല്ലാവർക്കും കഴിയില്ലെന്നേ ആ പരമാർത്ഥ വാക്കിനെ കേൾക്കുന്നതിനും ആ വിജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിനും മനസ്സ് സന്നദ്ധമാണോ വേണ്ടേ മനസ്സ് സന്നദ്ധമാണോങ്കിൽ അതിന്റെ മുന്നിലുള്ള പ്രവർത്തനങ്ങൾ ശരിയാകും എന്നാലും മനസ്സ് സന്നദ്ധമാണോ ഇത് മനസ്സിലാക്കാതെ കേവലം മനസ്സിന്റെ തരത്തിൽ നമ്മൾ നടത്തുന്ന ഈ അഭ്യാസങ്ങൾ പ്രകടനങ്ങൾ ഇതൊന്നും നമ്മളിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല ആരെയും പഴി പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഇത്രയും കാലം ഞാൻ ആധ്യാത്മികമായ ജീവിതം നയിച്ചു ഞാനെന്ത് നേടി എന്റെ മനസ്സിൽ എന്ത് മാറ്റം ഞാൻ ആരായി എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങള് ജനിച്ച് നിങ്ങൾ വളർന്ന് നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്ന് ആ ബ്രെയിനിൽ തന്നെയാണ് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല അതെനിങ്ങനെയൊക്കെ തന്നെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അത് നമുക്ക് ജന്മനാൽ തന്നെ കിട്ടിയ സാധനമാണ് പിന്നെ നമ്മൾ കുറെയൊക്കെ നമുക്കതിനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിന് കൂടുതൽ മാറ്റം വേണമെങ്കിൽ വേണമെങ്കിൽ അതിൻറ്റേതായ രീതിയിൽ നമ്മൾ ചെലവ് പ്രവർത്തിക്കേണ്ടി വേണ്ടി അതിന് നമ്മുടെ മാനസിക അഭ്യാസങ്ങൾ മാത്രം പര്യാപ്തമല്ല എന്നുള്ളത് പഴയ ആൾക്കാർക്ക് തിരിച്ചറിയാമായി എന്തോ ഇതിനകത്തൊരു കുരുക്കുണ്ടെന്നുള്ളത് പഴയ ആൾക്കാർക്കും പിടിപ്പറ്റിയിട്ടുണ്ട് അതായത് മനുഷ്യരെന്തൊക്കെ അറിവ് നേടിയാലും അവന്റെ വ്യക്തിത്വം അതിന് കാര്യമായ മാറ്റം ഒന്നും സംഭവിക്കില്ല എന്നുള്ള മനുഷ്യൻ തിരി പണ്ടേ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് എന്ത് ഇവരെല്ലാവരും പറയുന്നത് പ്രാരബ്ധ അതെന്താണ് അവന്റെ പ്രാരബ്ധമാണെന്ന് പറയുന്നത് എന്താണ് എന്തുകൊണ്ടവൻ മാറുന്നില്ല എന്നതിനെ കുറിച്ച് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് മാറുന്നത് പ്രാരബ്ധെന്ന് പറയുന്നത് അവന് ആഗ്രഹിക്കുന്നതു അടിസ്ഥാനപരമായ സംഭവം അവൻ ഒരുപാടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും അവന്റെ മനസ്സ് വീണ്ടും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു പറയും ആ അതൊക്കെ പ്രാരബ്ധ അത് എന്താണ് അവന്റെ വ്യക്തിത്വം കുറിച്ചുള്ള അവന്റെ അറിവില്ലായ്മയാണ് ഈ പ്രാരംഭം എന്നുള്ള പേര് കൊണ്ടുപോയി തന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നതാണ് അവന്റെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അതൊക്കെ മാറ്റിയെടുക്കുക നമ്മൾ എന്തൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് ശരിയായ ധാരണ വേണം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത പലതും നമ്മുടെ ഉള്ളിലുണ്ട് ആ ബോധം കൊണ്ട് വരും എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് മാറ്റിയെടുക്കാൻ വരിക നമ്മുടെ ഉള്ളിൽ ഉണ്ടായി അപ്പൊ അതൊന്നും മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട യാതൊരു കാര്യമില്ല മാറാൻ കഴിയാത്തത് മാറിയില്ലല്ലോ എന്ന് ആരും വിലപിക്കേണ്ട അത് മാറാത്തതാണ് മാറാത്തതിനെ നമുക്ക് മാറ്റാൻ പറ്റും അതിനെക്കുറിച്ച് പിന്നെ എന്തിനും വിലപിക്കണം അപ്പൊ നമ്മൾ എന്താണ് നമ്മളുടെ പ്രവൃത്തിയിലേക്ക് വാക്കുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന നമ്മുടെ നേതോപികാരം എന്താണ് നമ്മൾ മനസ്സിലാകുന്നത് ഇന്നും മനുഷ്യൻ എന്താണ് അത് നമ്മൾ ഈ പരിണാമപരമായി വന്നു ചേർന്ന ഒരു ഒരു സവിശേഷതയാണ് ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം അറിയണോ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പെൺകുട്ടിയെ തൂക്കാൻ വിളിച്ചു നിങ്ങൾ കേട്ടിരിക്കുമല്ലോ തൂക്കിക്കൊല്ലാൻ വെയിച്ചു അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ വളരെ സന്തോഷമാണ് ഓ അവിടെ തൂക്കാൻ വെയിച്ചല്ല ഇത് മനുഷ്യന്റെ പഴയ ആ മൃഗീയ വികാരം പുറത്തു വരുന്ന എന്താണ് അവൾ വെറുതെ കൊന്നിടും ശരി കൊന്നത് ഒരിക്കലും നീതികരിക്കാൻ പറ്റിയില്ല തെറ്റാണ് കൊന്നതുകൊണ്ട് എന്താണ് അവളെ കൊല്ലുക പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന ആടുത്തട്ടകൃഷ്ണ ഇവനെ ക്രൂശിക്കുക ഒരു തന്നെ ക്രൂശിക്കാൻ കൊണ്ടുവന്നപ്പോ എല്ലാരും കൂടെ ആടുത്തട്ട ദിവനെ അവരെ ദൃഷ്ടിയിൽ അവൻ ചെയ്തത് തെറ്റാണ് അപ്പൊ തെറ്റ് ചെയ്തവനെന്ത് ചെയ്യണം അവനെ കൊല്ലണം ചെയ്തത് തെറ്റാണ് അപ്പോ തെറ്റാണെന്ന് എന്താണ് കുറ്റാന്വേഷണം ഭാവവും നീതി ന്യായവും എല്ലാം കൂടെ ചേർന്ന് തെറ്റാണെന്ന് ഉറപ്പിച്ചു തെറ്റായ പിന്നെ എന്ത് ചെയ്യണം ശിക്ഷിക്കണം ശിക്ഷ എന്താണ് കൊല്ലുക കൊന്നതിന് പകരം കൊല്ലുക കൊലയ്ക്ക് പകരം കൊല്ല അപ്പൊ മനുഷ്യന് ഇനി വളരെയുള്ള ഒരു ഭാഗം ഉണ്ടിരുന്നത് ഇത്രയും എന്താണ് കൊല്ല കൊന്നതിന് കൊല്ലുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൃഗീയ ബോധവും മൃഗത്തിൽ നിന്ന് പരി പരിണമിച്ച് നമ്മൾ മനുഷ്യനായെങ്കിലും നമ്മൾ കൈവിടാത്ത നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മൃഗബോധമാണെന്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അവളെ കൊല്ലല്ലോ അവളെ കൊല്ലാം തിരിച്ചല്ലോ അവളെ കൊല്ലുമല്ലോ എന്നുള്ളത് ഇത് മനുഷ്യന് എന്താണ് മനുഷ്യന്റെ പരിഷ്കരിക്കപ്പെടാത്ത മനുഷ്യന്റെ ബ്രെയിനാണ് ഇങ്ങനെ മനുഷ്യനൊരു ആത്മസംതൃപ്തി കൊടുക്കുന്നത് എന്താണ് കണ്ണിന് പകരം കണ്ണ് പഴയ പല്ലിന് പല്ല് കൊലയ്ക്ക് പകരം കൊല ഇത് മനുഷ്യന്റെ പ്രാകൃതമായ ചിന്തകളൊന്നാണ് ഇവിടെ മനുഷ്യന് കൈമോശം വരുന്ന എന്താണ് ചിന്തിക്കാത്തൊരു ഭാഗമാണ് ചിന്തിക്കുന്നത് ആ ഒരു ആളെ മറ്റൊരാളെ കൊല്ലുന്നതിന് വേണ്ടി എന്താണ് ആ വ്യക്തിയെ പ്രേരിച്ചത് കൊന്നത് സത്യമായി ഒന്നത് മാസമായി പക്ഷെ എന്തുകൊണ്ടൊരു വ്യക്തിയെ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നു അത് കണ്ടെത്തണം എന്തിനാണ് കണ്ടെത്തേണ്ടത് കാരണം ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു പകരം അയാളെ കൊല്ലുന്നു കൊല അവസാനിക്കുന്നു ഇത് പഴയകാലം പോലെ നമ്മളൊക്കെ പണ്ട് കടിച്ചു തീർക്കുന്ന ആൾക്കാരുടെ പാരമ്പര്യപ്പെട്ടവരാണ് പഴയകാലത്ത് തുടങ്ങ ഒരാള് കൊന്നുകഴിഞ്ഞാൽ അയാളെ തിരിച്ചുപോയി പാണ്ഡവന്മാർ ഗൗരവന്മാരൊക്കെ ഗൗരവന്മാർ പാണ്ഡവന്മാരും ആ പക്ഷത്തൊക്കെ കൊണ്ടേ തുടർന്നു വരികയാണ് അപ്പോ കൊന്നവനം പൗരവം കൊന്നുകൊണ്ടും കൊല അവസാനിപ്പിക്ക മനുഷ്യൻ സംസ്കരിക്കേണ്ട അവൻ അവന് കൊല അവസാനിക്കുന്നവർക്കാം അത് കൊല അവസാനിക്കുന്നതിൽ എന്ത് വേണം ഓരോ കൊലയുടെയും പിന്നിൽ ആ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്ന എന്താണ് കണ്ടത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം അവിടെ ചികിത്സിക്കണം അപ്പോ മനുഷ്യനിൽ നിന്ന് ആ കൊലയ്ക്കുള്ള പ്രേരണ എടുത്തു മാറ്റണം അതെടുത്തു മാറ്റി കഴിഞ്ഞാൽ എന്ത് അതുവരെ മനുഷ്യൻ അത്രയും മനുഷ്യൻ വികസിക്കണം വിജ്ഞാനം കൊണ്ട് വികസിക്കണം സംസ്കാരം കൊണ്ട് വികസിക്കണം അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താണ് ഈ കൊലയിൽ നമുക്കൊരു ആത്മസംതൃപ്തി കണ്ടെത്താൻ പറ്റില്ല ആരുടെ കൊലയിൽ ഒന്നവനെ കൊല്ലുമ്പോഴും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകത്തില്ല മറ്റേത്ര പ്രാകൃതമായ വിചാരമാണ് പല സ്ഥലങ്ങളിലൊണ്ടും ഒരു കുറ്റം ചെയ്തു അവരെ പരസ്യമായി ഒരു സ്ഥലത്ത് കൊണ്ടു വന്നിട്ട് ആൾക്കാർ കൂടി ചേർന്ന് നിന്ന് കല്ലെറിഞ്ഞുകൊണ്ട് ഏറ്റവും പ്രാകൃതമാണ് ഒരു മനുഷ്യനെ അതുപോലെ തന്നെ വേറെ മനുഷ്യൻ ഒരു തൂക്കിൽ കൊല്ലം കയറി കഴിച്ചിരുന്നു കൊല്ലമെന്നും അതുപോലെ പ്രാകൃതമാണ് അത് മനുഷ്യന്റെ മൃഗീയമായ സ്വഭാവമാണ് ഇത് ആൾക്കാർ പറയുന്നെന്താണ് ഇങ്ങനെ കൊന്നുകഴിഞ്ഞാൽ ഇന്ന മനുഷ്യൻ കുറ്റം ചെയ്യരുത് പക്ഷെ ഇത് അനാദികാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും ചെയ്യേണ്ടി വരുന്നു ഇന്നും ഇത് ആവർത്തിക്കുകയാണ് അപ്പൊ മനുഷ്യൻ കുറ്റം ചെയ്യില്ല പക്ഷെ ഇന്നും ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ എവിടെയാണോ മനുഷ്യൻ ചിന്തിക്കാത്ത എവിടെയാണോ എന്താണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെന്ന് അങ്ങനെ ഒരു കൊല ചെയ്യുന്നതിന് വളരെ ആസ്വസ്ഥമായി ബുദ്ധിപരമായി മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താ അത് കണ്ടെത്തി അത് പരിഹരിച്ചു ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം അപ്പോ നമ്മൾ സാമാന്യമായി പറഞ്ഞ എന്താണ് ഈ പറയുന്ന മർക്കടമായ മനസ് ശബലമായിരിക്കുന്ന മനസ്സാണ് വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിട്ട് ആസൂത്രിതമായി വേറെ ആളെ കൊല്ലുന്നു അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകയും ആ ബുദ്ധി എവിടെ നിന്ന് വരുന്നു അപ്പോ അവിടെ കേവലം മനസ്സിനെ ചികിത്സിച്ചപ്പോ മനസ്സിൻ്റെ മില്ലിൽ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെ കണ്ടെത്തുന്നു അതിന് മാത്രമേ ഇവൻ ബുദ്ധിപൂർവം പിന്നെ അപ്പൊ പിന്നെ അവനെ പറഞ്ഞേണ്ട ആവശ്യം വരത്തില്ല മനുഷ്യൻ അങ്ങനെയാണ് പുരോഗ പുരോഗതി എന്ന് പറയുന്നത് അതാണ് പക്ഷെ ഇന്നും മനുഷ്യൻ വിചാരിക്കുന്ന എന്താണോ അങ്ങനെയല്ല കൊന്നാൽ അവനെ കൊന്നാമോ ഈ പ്രശ്നം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായിട്ടാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ ചിന്തിക്കാൻ പക്ഷേ പോലെ ഇന്നും നടന്നുകൊണ്ട് ഇന്നും മനുഷ്യനും വളരെ ബുദ്ധിപൂർവ്വം കിട്ടും പക്ഷെ ആ ഭാഗം ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടത് സംഭവിക്കുന്നു ഒരാളുടെ ബ്രെയിൻ എന്തുകൊണ്ടാണ് എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ബ്രെയിൻ എന്തുകൊണ്ട് ഇത്രയും മോശപ്പെട്ട കാര്യത്തിൽ ഇത്രയും വലിയ ആസൂത്രണം നടത്തും അതല്ലേ മനുഷ്യൻ കണ്ടെത്തേണ്ടത് അപ്പൊ അത് കേവലം എന്താണ് ഒരു വ്യക്തിയെ ശിക്ഷിച്ചത് കൊണ്ട് കാര്യം കാരണം കണ്ടെത്തി കാരണത്തെ പരിഹരിക്കണം മനസ്സിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യം മനസ്സ് മറക്കടമാണെന്ന് പറഞ്ഞിട്ട് കാര്യം അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണമാണ് സമൂഹത്തിന് വേണ്ടി അപ്പം നമുക്ക് എന്താണ് അങ്ങനെ ഉള്ള കൊലകൾ കണ്ടിട്ട് നമുക്ക് അർമാദിക്കാനൊക്കെ പറ്റത്തുള്ളൂ പകരം കൊന്നും എന്ന് പറഞ്ഞ് നമുക്ക് ഈ കല്ലറിഞ്ഞു കൊല്ലുമ്പോൾ ആൾക്കാർ ചുറ്റാ ആർക്കും വിളിക്കും അതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രാകൃത രീതി അത് തന്നെയാണ് ഈ നമ്മുടെ സമൂഹത്തിന്റെ നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നത് ഈ സമൂഹത്തിന് നമ്മൾ കാണുന്നതാണ് ആൾക്കാർ ആഹ്ലാദിക്കുകയാണ് ഒരാളെ തോന്നല്ലോ എന്ന് പറഞ്ഞു കൊലയ്ക്ക് പകരം കൊലയായതോന്നു ഇതൊക്കെ മനസ്സിന്റെ മർക്കടതയാണ് അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് പരമാർത്ഥബോധം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾപ്പെടും ശരിയായ ബോധവൽക്കരണമാണ് ഇതിൻ്റെ ഒരു പരിഹാരമുണ്ട് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചാലേ മനുഷ്യന് ശാന്തി സംഭാവന ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ ഹിംസ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ പരിണാമപരമായി അവന് വന്നുചേർന്ന ആ ഒരു സ്വഭാവ സവിശേഷതയിൽ നിന്നും അവന് മാറാൻ പറ്റും അത് കേവലം മനസ്സിനെ മാത്രം പരിഷ്കരിച്ച് പറ്റത്തില്ല മനസ്സിന്റെ പിന്നിലും അതിൻ്റെ പഠനങ്ങൾ തുടരേണ്ടി അതാ മനസ്സിൽ തുടങ്ങി മനസ്സിൽ അത് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പഴയ രീതി അനുസരിച്ച് പറയുന്നു നമ്മുടെ എന്താണ് നമുക്കൊരു ബോധവൽക്കരണമാണ് നമ്മൾ ഈ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കുക മനസ്സിനെ ശാന്തമാക്കുക ഇതും ചിലരിൽ വർക്ക് ചെയ്യും എന്നേ പറയൂ പറയാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യത്തല്ല